ശ്രീമുഖി അസമധു സങ്കീർത്തു സിദ്ധസ്പൈശ സമാര സംഗ്രഹ സേവൃ ശ്രീ സൂര്യ ബ്രഹ്മ സം ഗുരുമരേ സിംഗ് ഓം ദക്ഷണമിതം സർവം തസ്പം വ്യക്തം ഭൂതം ഭവ്യത്തിവണ് കളാതീകം തോങ്കേവ ജോലിതസ്ഥാനോ ബഹി പ്രജ്ഞസേകോനവിശതി മുഖസ്തുലഭു വൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോന്ധ പ്രസകോനവിശതിമുഖ പ്രവൃത്തഭുക്തോ ദ്ധീയപാദ യുക്തോ കമം ഗാമയത്തെ കൂനം പശ്യതി തഷുക്തീഭൂത പ്രജ്ഞാനഘ്ന എവാനന്ദമയൂഹ്യാന്തേോമുഖപ്രസ്തൃതീയ പാദ ോ ഹി ഭൂത നന്ദം പ്രം നോ ഭേദ പ്രജ്ഞം ന പ്രഘനം ന പ്രം ന പ്രം അദൃശ്യം വ്യവഹാര അഗ്രാഹ്യം ലക്ഷണം ചിന്തിയമ വ്യപദേശി ആത്മപ്രതിസാരം പ്രപഞ്ചോ വശമ ശാന്തം ശിവം അദ്വൈതം ചതുഥം മനി സത്മാേയ ൈശ്വാനരോ പ്രഥമാത്ര ആരാധിമത് വ ആപ്പണോതിയ സർവാൻ കാതിഷവ സ്വപ്നസ്ഥാന ഉോ ദ്വിതീയാ മാത്ര ഉത്കർഷാഭയത് മുക്ശ വൈ ജാനസന്ദതിമാനശോധി ബ്രഹ്മവിത്കുളേസ്ഥന പ്രോമകക്കൃതീയാ മാത്രമേരാപീർവ വിനോദ വർമ്മ അപീരിശ്ചോതി മാത്രോ അമ്മഹാര പ്രപഞ്ചോപോ അദ്വൈതം ഓങ്കാര ആത്മീവ സമ്മിശതി ആത്മന ആത്മാനം യം എഴുപത്തിയേഴാവൃശ്യം ഹി തദ്ദേ ഹേഭാവേ ചിത്തം നോത്പയം കീദിച്ച് പരമാദർശനർമാധർമാക്കി ഉത്പത്തിനിമോത്തി സർവസ്ഥർവിശേഷാദ്വയാ പൂർമപടി അജാതീവ അനുപന്ന ചിത്ര ഈ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പറഞ്ഞു പൂർവമൊക്കെ അജാതസീവ അനുപന്ന ചിത്ത സർവദ്വയ അനുഭവങ്ങളൊന്നും ചിത്തദൃശ്യങ്ങളാണെന്നു പറഞ്ഞു ചിത്തദൃശ്യം ചിത്തപരിണാമം തന്നെ ചിത്തദൃശ്യം ചിത്തത്തിന് ദൃശ്യമാക്കാൻ വേറിട്ടൊരു വസ്തുവല്ല അതിന് ചിത്തപരിണാമോന്നോ ചിത്രസ്പന്ദനം എന്ന് പറയാം പക്ഷെ ചിത്രത്തിന്റെ പരമാർത്ഥ സ്വഭാവം എന്താണ് അത് അജാതസ്യം അനുപന്നസ്യം പരമാർത്ഥത്തിന് അത് അദ്വയമാണ് അജാതമാണ് അനുപന്നമായിരിക്കുന്നു ചിത്രത്തിന്റെ വിജ്ഞാനാത് ചിത്ത ദൃശ്യം തദ്വയം ജന്മ ജന്മച എന്നാണ് പ്രാഗമി വിജ്ഞാനാദ് ചർച്ച ചെയ്യുന്നത് വിജ്ഞാനത്തെ കുറിച്ചാണ് ചിത്രം ഏകമാണ് അദ്വയമാണ് അതാണ് പരമാർത്ഥം നിസ്ബന്ധമാണ് പക്ഷെ അത് പരമാർത്ഥമാണെങ്കിലും ജാഗ്രത സ്വപ്ന അനുഭവങ്ങളിൽ അത് പരമാർത്ഥമാണെന്ന് ബോധ്യപ്പെടുന്നില്ല ജീവഭാവം അനുഭവിക്കുന്നു ജീവഭാവത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു ജനന മരണങ്ങൾ നല്ല അനുഭവിക്കുന്നു ബന്ധം മോക്ഷങ്ങൾ അനുഭവിക്കുന്നു പരമാർത്ഥം എന്താണോ അത് ബോധ്യപ്പെടുന്നില്ല തിരി അധികം അത് സംഭവിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ രണ്ടവസ്ഥയും തമ്മിൽ വേർതിരിക്കുന്ന എന്താണോ അതാണ് വിജ്ഞാനം വിജ്ഞാനം അങ്ങനെ ഒന്നൊന്നുണ്ടാകണം അപ്പൊ വിജ്ഞാനം ഉണ്ടാകുന്നത് വരെയാണ് ബന്ധം മോഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളല്ല വിജ്ഞാനം ഉണ്ടായി പിന്നീട് എന്തെങ്കിലും പുതുതായി സംഭവിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് പ്രാഗവിജ്ഞാന വിജ്ഞാനം ഒന്ന് വേണം അന്ന് പറയുന്നു അതാണ് സാധാരണ അദ്ദേഹത്തിൽ പറയുന്ന ജ്ഞാനം കൊണ്ട് മോക്ഷം അപ്പം ആ മോക്ഷത്തിന് കാരണമായ ജ്ഞാനം എന്ന് പറയുന്ന ഒന്ന് വേണം പക്ഷേ ആ വിജ്ഞാനത്തിന് വിജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വിജ്ഞനായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഞാനീ ആയിക്കഴിഞ്ഞ എന്താണ് അറിയുന്നത് പ്രാഗവി ചിത്തദൃശ്യം തദ്വയം ജന്മ ആ ചിത്തവും ഇപ്പം വേറിട്ടൊരു ചിത്രത്തെ അറിയുന്നുണ്ട് പറയുന്നുള്ളോ എന്റെ മനസ്സ് എന്റെ മനസ്സെന്ന് പറയുന്നു എന്റെ മനസ്സെന്ന് പറയുന്ന ഏതാണോ കാരണം ഈ മനസ്സ് ഒരിക്കലും വിഷയങ്ങളോട് ബന്ധപ്പെടാതിരിക്കുന്നില്ല വിഷയങ്ങളെ വിഷയമാക്കുന്ന മനസ്സ് അതിനാണ് നമ്മൾ എന്റെ മനസ്സെന്ന് പറയുന്നത് വിഷയബന്ധിയായിരിക്കുന്ന മനസ്സ് നിർവികാരമായിരിക്കുന്ന മനസ്സാണ് വിഷയബന്ധിയായിരിക്കുന്നത് എന്നാണ് പറയുന്നത് തിരിച്ചും പരസ്പര വിരുദ്ധം എന്ന് തോന്നുന്ന രണ്ടവസ്ഥ ഒന്നും മനസ്സ് സ്വയം നിർവികാരിയാണ് വികാരമാണ് നിർവികാരമാണ് അതേ മനസ്സ് തന്നെ വിഷയങ്ങളിൽ നിന്ന് വേറെ വിടാതെ ഇരിക്കുന്നു അതേ മനസ്സ് തന്നെയാണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിന്റെ ഒരു വേറെത്തിട്ടുമുണ്ടാകുന്ന ഇങ്ങനെ വിജ്ഞാനമാണ് ഇതേ ചിത്രം തന്നെ വിജ്ഞാനം എന്ന അവസ്ഥയിലെത്തിച്ചേരുന്നു ആ സമയത്തെ മനസ്സിലാവുന്നുള്ളന്താണ് പ്രാഗവി ആ വിജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പും ചിത്തദൃശ്യം ചിത്തം ഈ ചിത്രത്തിന്റെ ജന്മം തുടങ്ങിയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പരമാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വിജ്ഞാനം കൊണ്ടേ ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തിന് മുമ്പ് ആ വിജ്ഞാനപ്രാപ്തി എന്ന് പറയാം ആ വിജ്ഞാനപ്രാപ്തിക്ക് മുമ്പ് ഇതിന് സമാധാനമല്ല ശരിക്കുള്ള എങ്ങനെ നിർവികാരമായിരിക്കുന്ന എങ്ങനെ വികാരപ്പെട്ടു ജന്മമരണങ്ങൾ അല്ലെങ്കിൽ ബന്ധമോക്ഷങ്ങളില്ലാത്ത ചിത്രത്തിനെങ്ങനെ മോക്ഷം വരുന്നു ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും സമാധാനമില്ല അതിനൊരു സമാധാനമേ ഉള്ളൂ വിജ്ഞാനം അപ്പൊ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന യുക്തി യുക്തിയിലൂടെയാണ് പക്ഷേ ഇതിൽ യുക്തി പ്രവർത്തിക്കത്തില്ല കാരണം ഇത് വിരുദ്ധമായ കാര്യമാണ് നിർവികാരമായ ചിത്രം വിഷയങ്ങളോട് കൂടിയിരിക്കുന്നു ഇതെങ്ങനെ വ്യക്തി കൊണ്ട് ബോധിക്കാൻ പറ്റും അസാധ്യമല്ല അതിന് സമാധാനം വിജ്ഞാനം എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ പറയുന്ന ആ ശേഷം മനസ്സിലാകുന്നു വിജ്ഞാനത്തിന് മുമ്പും ഇവിടെ ജന്മമില്ല ചിത്തപ്രണാമങ്ങളില്ല ചിത്തസ്പന്ദനങ്ങളില്ല എന്ന് മനസ്സിലാകുന്നു തസ്മാത് അജാത സർവസ്യ സർവത ചിത്ത സമ അദ്ധ്യയായവ അനുപത്തി അതാണ് പരമാർത്ഥം മനസ്സിലാകുന്നു അജാതസ്വ സർവസ് നമ്മൾ സർവത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു വിജ്ഞാനത്തിന് മുമ്പ് ഇതെല്ലാം അജാതമാണ് തന്നൂടെ അജാതിവാദം എന്ന് പറയുന്നു പിന്നെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഇത് അജാതമാണെന്ന് പോയി കണ്ടെത്തുക ആ വിജ്ഞാനത്തിൽ മനസ്സിലാകുന്നു ഇത് അജാത ശൈവ സർവസി സർവത എന്തായപ്പോൾ വിജ്ഞാനത്തിന് മുമ്പ് എന്ന് പറയാം അല്ലെങ്കിൽ ഈ വിജ്ഞാനത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോക്ഷത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സർവത ചിത്ത സമ അദ്വയ ഈ ചിത്തത്തിൻ്റെ സ്ഥിതി സമമാണ് അദ്വയം തന്നെയാണ് സദാ ഇത് അസ്പന്ദമാണ് എന്ന് പറയുന്നത് വിജ്ഞാനത്തിന് ശേഷമുള്ള കാര്യമാണ് അത് പറഞ്ഞു അത് വിജ്ഞാനത്തിന് മുമ്പ് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വിജ്ഞാനത്തിന് മുമ്പ് നമ്മൾ യുക്തികളിലൂടെ ഇതിനെ മനസ്സിലാക്കിയാൽ അത് പൂർണ്ണമാകത്തില്ല ഒരു ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതിന് വിജ്ഞാനമല്ലാതെ മറ്റൊരു പോം വഴിയുമില്ല അദ്വയ ഏവാ ആ വിജ്ഞാനം ണ്ടായതിനുശേഷം മനസ്സിലാകുന്നു ആ വിജ്ഞാനത്തിന് മുമ്പും ഇത് അദ്വയം തന്നെയായിരുന്നു വിജ്ഞാനത്തിന് മുമ്പും അദ്വയം ആണെന്ന് പറയുമ്പോൾ അതായി അല്ലാതെ ഈ ബന്ധമുണ്ടായിട്ടേ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഇതിനെ വേറെതിരിക്കുന്ന ഒന്നാണ് വിജ്ഞാന പ്രാപ്തിക്ക് മുമ്പ് ഇവിടെ സംസാരം വളരെ തീവ്രമായി അനുഭവപ്പെടുന്നു ബന്ധമോക്ഷങ്ങളുണ്ട് ഗുരുവേണം ശാസ്ത്രം വേണം ഇതെല്ലാം ആവശ്യമുണ്ട് വിജ്ഞാനത്തിന് ശേഷം അജാതം വ്യത്യാസത്തെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് സമ അദ്വയവ അനുപത്തി അത് അനുപത്തിയാണ് ഇതൊന്നും ഉണ്ടായിട്ടേ ഇല്ല സംസാരം എന്ന് പറയുന്നൊന്നും സംഭവിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ മോക്ഷം എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുണ്ട് ഇതൊക്കെയാണ് ആ വിജ്ഞാനത്തിന്റെ അവസ്ഥ മറിച്ച് ഒരു തരത്തിലും അങ്ങനെയല്ല എങ്ങനെ കഥാചിത് ഭവതി കഥാചിത് വ നഭവതി അങ്ങനെയല്ല ഒരുക്കി ഇതൊക്കെ പിന്നീട് വിജ്ഞാനം കൊണ്ടിലൊക്കെ നശിച്ചു അങ്ങനെയല്ല കഥാചിത് ഭതി എന്നെങ്കിലും ഒരിക്കലുണ്ടായിരുന്നു ഞാൻ ഇന്നലെ വരെ സംസാരിയായിരുന്നു ഇന്നലെ വരെ ഞാൻ ബദ്ധനായിരുന്നു ഇന്നലെ വരെ ഈ പ്രപഞ്ചം എനിക്കനുഭവപ്പെട്ടിരുന്നു അങ്ങനെയില്ല കഥാചിത് നോതി ഞാൻ പരിശ്രമിച്ചു വിജ്ഞാനത്തെ നേടി മുക്തനായി ഇതെല്ലാം അവസാനിച്ചു അങ്ങനല്ല എന്നാണ് വിജ്ഞാനത്തിന് ശേഷം അങ്ങനെയൊന്നും ഉള്ള സങ്കല്പങ്ങളില്ല വിജ്ഞാനത്തിന് മുമ്പ് ഇതൊക്കെ സങ്കല്പിക്കാം വിജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി ഒരാൾ ഇതൊക്കെ സങ്കല്പിക്കേണ്ടി വരുന്നു വിജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി ഒരാൾ സത്യമായ ഗുരുവിനെ സമീപിക്കുന്നു സത്യമായ ശാസ്ത്രത്തെ സമീപിക്കുന്നു സത്യമായ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നു ഇതെല്ലാം വിജ്ഞാനപ്രാപ്തിക്കുമ്പ് വിജ്ഞാനപ്രാപ്തിയിൽ ആ ജാതം എന്ന് മാത്രമേ പറയാനുള്ളൂ പറയുന്നു സർവതാ ഏകരൂപ ഏകരൂപം തന്നെ കാലദേശങ്ങൾ കൊണ്ടിതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്തുകൊണ്ട് കാലദേശങ്ങളും മായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലദേശങ്ങൾക്ക് ഇവിടെ നിലയില്ല അതുകൊണ്ട് സർവകാലം എന്ന് തന്നെ പറയുന്നത് സർവതാ അതുപോലും പൂർണ്ണമല്ല കാലമുള്ളപ്പോഴേ നമുക്ക് സർവകാലം എന്ന് പറയാൻ പറ്റും കാലശൂന്യമാണെങ്കിൽ പിന്നെ സർവ്വതാന്ന് അങ്ങനെ പറയും വരുന്നു തന്നെയാണ് നിത്യമുക്തനായിരിക്കുന്നു ഏവ ഇത്യർത്ഥ ഇതാണ് ഇതിന്റെ താല്പര്യം ഇതാണ് മോക്ഷത്തിന്റെ പരമമായ സ്ഥിതി അത് ആ സ്ഥിതിയിലെത്താത്ത ഒരുവൻ അവന്റെ അല്ലെങ്കിൽ ശാസ്ത്രം കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അത് പൂർണ്ണമാകത്തില്ല വിജ്ഞാനത്തിന് മുമ്പ് ഇത് പൂർണ്ണം അല്ല യുക്തി ഒരിക്കലും പൂർണ്ണമല്ല എന്നു കാരണം യുക്തിയിൽ യുക്തിയുടേതായ തന്നെ അപാകതകളുണ്ട് അത് യുക്തിക്ക് ഒരിക്കലും പരിഹരിക്കാൻ പറ്റത്തില്ല വിജ്ഞാനത്തിന് മാത്രമേ ഇത് സർവ്വതും പരിഹരിക്കാൻ പറ്റൂ അതുകൊണ്ടുണ്ട് വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുകയാണ് അതുകൊണ്ട് ജ്ഞാനം പ്രാപിച്ചാൽ പിന്നെ എങ്ങനെ എന്ന് യുക്തി കൊണ്ടോ അനുമാനത്തിലൂടെയോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് അർത്ഥമില്ല മോക്ഷം നേടിയാൽ എങ്ങനെ അത് ആ വിജ്ഞാനത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ ആ വിജ്ഞാനത്തിൽ മാത്രം വിളിപ്പെടുന്ന കാര്യമാണ് അതിനു മുമ്പ് അത് വെളിപ്പെടാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് ആ നിമിത്ത ചിത്ത അജാതൈവ സർവസ്യ ചിത്തദൃശ്യം ഹി തദ്ധ ബുദ്ധ്വാമസം വേദം പൃഥക് അനപ്വേശോകം യഥാമത്തെ യഥോക്നെയ देवादि ജന്മനിവയം अनुपाददानह ധർമാതികാരണം ദാവാദീവനി അപ്പദാന वर्जितं വിദ്യാരഹിതം അഭയം പദം അശനതേ പുനർനജായതേ ഇത്യർത്ഥ അവിജ്ഞാനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നു യഥോക്തേന ന്യായേന മുമ്പ് പറഞ്ഞ ന്യായമനുസരിച്ച് എന്ന് പറഞ്ഞാൽ അവിജ്ഞാനത്തിന് പൂർവ്വം പരം മുമ്പ് പിമ്പ് എന്നുള്ള നമ്മുടെ ഈ കൽപ്പനങ്ങൾക്കൊന്നും അവിടെ നിലയില്ല വിജ്ഞാനത്തിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് തന്നെ യുക്തിയില്ല എന്തുകൊണ്ട് അവിടെ പൂർവ്വപരഭാവങ്ങളില്ലാത്ത ഏകമായിരിക്കുന്ന ഒന്നിൽ അദ്വൈമായിരിക്കുന്നത് കാലം കൊണ്ടുവരുന്ന ഈ പൂർവ്വപര കൽപ്പനങ്ങളൊക്കെ ഇങ്ങനെന്താണ് ഇല്ലെങ്കിലും നമ്മൾ കൽപ്പിക്കും ആ കൽപ്പനകളാണ് ഇതിനെല്ലാം കാരണമായിരിക്കും ജന്മസ്ഥിതിലയങ്ങൾക്ക് കാരണമായിരിക്കും ആ കൽപ്പനകളെല്ലാം നിരാകരിക്കുന്നിടത്ത് വീണ്ടും കൽപ്പനകളെ ആരോപിക്കും അതുകൊണ്ടാണ് ചോദിക്കുന്നത് വിജ്ഞാനത്തിന് ശേഷം എന്ത് അതിനൊന്നും നിലയില്ലെന്നാണ് പറയുന്നത് യഥോക്തേന ന്യായു പറഞ്ഞ ന്യായമനുസരിച്ച് നൂവു പറഞ്ഞ ന്യായം എന്താണ് ആ വിജ്ഞാനവേഗമാണ് അദ്വയമാണ് അവിടെ രണ്ടാമതൊന്നില്ല അതുകൊണ്ട് തന്നെ ബന്ധമോക്ഷങ്ങൾ സംബന്ധിച്ചുള്ള കൽപ്പനകൾക്കൊന്നും അവിടെ നിലയില്ല അത് ഇവിടെ ഇരുന്ന് നമ്മൾ കൽപ്പിക്കുന്നതുപോലല്ല നമ്മുടെ ഊഹങ്ങളല്ല ഒരു ഊഹമുണ്ടാവും ഊഹം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു കല്പനയാണ് ഊഹത്തിലൂടെ എത്തിച്ചേരാന്നുള്ളതൊന്നല്ല ജന്മനിമിത്ത അഭാവ അതത്രേ പറയാൻ ഇവിടെ കാണുന്നത് ഈ പ്രതീതി ദ്വൈത പ്രതീതി ഇതിനിടെ നിമിത്തങ്ങളുണ്ട് അതിന്റെ തുടങ്ങുന്ന നിമിത്തങ്ങൾ ഈ നിമിത്തങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഇതിനുള്ള നിമിത്തങ്ങളൊന്നുമില്ല അവിടെ അങ്ങനെ മോക്ഷം നേടിക്കഴിഞ്ഞാൽ വീണ്ടും ബന്ധനത്തിലേക്ക് വരാം അങ്ങനെ ചോദിക്കും എന്തുകൊണ്ട് മുക്തനായിരുന്നിട്ടല്ലേ ഈ ബന്ധത്തിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനിയും മുക്തി നേടിയാലും വരാമോ പറയുന്നു നിത്യം മുക്തനായിരിക്കുന്ന ആത്മാവിന് ബന്ധനം വന്നിരിക്കുകയാണ് എങ്ങനെ താൻ ബദ്ധനാണെന്നറിയും മോക്ഷത്തിനു വേണ്ടി പരിസരം വേണ്ടി അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത് ആവർത്തിച്ചു ഇപ്പോഴും മുത്തനാണ് എന്നിട്ടും ബന്ധനം വന്നിരിക്കും ഇത്തരം ചോദ്യങ്ങൾ അതിന് സമാനം പറയണം ആ നിമിത്തതാ ഇപ്പോ ബദ്ധനായിരിക്കുന്നതിന് നിമിത്തമുണ്ട് അതുകൊണ്ട് ബദ്ധനായിരിക്കും നിത്യമുക്തനായിരുന്നിട്ടും ബദ്ധനായിരിക്കും എന്താണ് ആ നിമിത്തം അവിദ്യ അതുകൊണ്ട് പക്ഷെ ആ നിമിത്തതാമിന്റെ സത്യം നിമിത്തം ഇല്ലാതായി കഴിഞ്ഞാൽ പരമാർത്ഥ രൂപം ബുദ്ധ എങ്ങനെ അതില്ലാതാകുന്നു തന്റെ പരമാർത്ഥ സ്വരൂപത്തെ ബോധിച്ചിട്ട് വിജ്ഞാനം കൊണ്ട് ആ നിമിത്തമില്ലാതായിത്തീരുന്നു കാരണമില്ലാതെ ഇങ്ങനെ കാര്യമുണ്ടാവും അത് സാധ്യമല്ലെന്ന് ഇത് യാദൃശ്യമായി സംഭവിച്ചല്ലോ ഇതിനൊരു കാരണമുണ്ട് അതിനെയാണ് ആ വിദ്യ എന്ന് പറയുന്നത് ആ കാരണം തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ആ വിദ്യ നിമിത്തമായി ഉണ്ടാകുന്ന കാമകർമ്മങ്ങൾ ധർമാധർമ്മങ്ങൾ ഇതെല്ലാം ഇല്ലതായി കഴിഞ്ഞാൽ പിന്നീട് സംസാരം നിലനിൽക്കുന്നില്ല ധർമാദി കാരണം ദേവാദി ജോലിപ്രാപ്തിയെ ദേവാദി ജന്മങ്ങൾ ദേവാദി മനുഷ്യൻ തുടങ്ങിയ ജന്മങ്ങൾ അതിന് കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ ഇതെല്ലാം അവസാനിച്ചാൽ അനാപ്നവൻ അനുപ ദാന പിന്നീട് ഒരു നിമിത്തത്തെയും സ്വീകരിക്കുന്നുണ്ട വിജ്ഞാനസ്വരൂപനായിരിക്കുന്നു നിമിത്തം കൂടെ സ്വീകരിക്കുന്നുണ്ടോ അവിദ്യ നിലനിൽക്കുകയാണെങ്കിൽ അവിദ്യയിൽ നിന്നുണ്ടാകുന്ന മകർമ്മങ്ങളെല്ലാം സ്വീകരിക്കും ആ വിദ്യ അവസാനിച്ചാലോ അവന് നിമിത്തങ്ങളല്ല അവൻ എങ്ങനെ ആ പദത്തെ പ്രാപിക്കുന്നു തെക്ത ബാഹ്യേഷണ ബാഹ്യേഷണങ്ങളെല്ലാം ത്യജിച്ചവനായി തീരുന്നു വിജ്ഞാനത്തിന് മുമ്പും വിജ്ഞാനത്തിന് ശേഷവും ഉള്ള വ്യത്യാസപ്പെടുകയാണ് വിജ്ഞാനത്തിൽ നിന്ന് അവൻ രേഷണങ്ങളോട് കൂടിയാനായിരുന്നു അവനിൽ കാമനകളുണ്ടായിരുന്നു ശരീരത്തിൽ തുടങ്ങുന്ന കാമനകൾ അതെല്ലാം ഇല്ലാതായിത്തീരുന്നു അതാണ് നിമിത്തം കർമ്മത്തിനും ധർമാധർമ്മിലും നിമിത്തമാകുന്നത് കാമനയാണ് ആ കാമനകൾ നശിക്കുന്നു ഇല്ലാതായിത്തീരുന്നു ബാഹ്യസ്ഥൻ കാമശോകാദി വർജിത കാമില്ല കാമഫലമായി വരുന്ന ശോകമോഹാദികളുമില്ല അതെല്ലാം ഇല്ലാതായിത്തീരുന്നു അപ്പോൾ ജന്മത്തിന് നിമിത്തമില്ല വിജ്ഞാനത്തിന് മുമ്പ് കാമശോകാദികളെ ഇല്ലാതാക്കാൻ സാധ്യമല്ല കാമന രാഹിത്യ നമുക്ക് സംഭവിക്കത്തില്ല ഓരോ തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ കാമനകൾ തുറന്നുകൊണ്ടേയിരിക്കും കാരണമുണ്ട് അതിന് കാരണമായിരിക്കും ആവിദ്യ നശിക്കാത്തത് കൊണ്ട് അപ്പോൾ വിജ്ഞാനം വരെ അത് തുടരുന്നു എന്ന് പറയുന്നത് വിജ്ഞാനം കൊണ്ട് അതെല്ലാം ഇല്ലാതാകുന്നു കാമം മാത്രമല്ല ശോകാദികളും ഇല്ലാതായിത്തീരുന്നു ഹർഷശോഗാദികൾ അതില്ലാതായിത്തീരുന്നു അത് കാരണം എന്താണ് അവിദ്യാരഹിതം അവിദ്യാനാശമാണ് അവദ്യാനാശം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് അവിദ്യ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൽ നിന്നും പൂർണ്ണമായ മോചന സാധ്യമുണ്ട് അഭയംഭയരഹിതമായ പദത്തെ പ്രാപിക്കുന്നു പൂർണ്ണമായ അഭയം കാമനാശം തുടങ്ങിയ കാര്യങ്ങൾ വിജ്ഞാനങ്ങളുടെ സാധ്യമാകുന്നുവെന്നാണ് അതിന്റെ പരമകാരണത്തെ നശിപ്പിക്കാതെ സാധ്യമാണ് അപ്പോൾ അതുവരെ കാമനാശം പോലെയുള്ള കാര്യങ്ങളൊരു സാധന എന്നുള്ള നിലയ്ക്ക് ശീലിക്കുന്നുണ്ടല്ലോ പറയും ത്യാഗത്തിലൂടെ ത്യാഗം ഒരു സാധനയാണ് കാമത്തെ തയ്ക്കുന്നു പ്രദോസത്തെ തയ്ക്കുന്നു നല്ല മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതൊന്നും കൊണ്ടിട്ട് നിഷ്കാമനാകത്തില്ല അതൊക്കെ ത്യജിക്കാം പക്ഷെ ഒരു സാധന എന്നുള്ള നിലയ്ക്ക് ത്യാഗമെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് ത്യജിക്കുന്നത് ഹർഷശോകങ്ങളെയും കാമമോഹങ്ങളെയും മറ്റുമാണ് ത്യജിക്കുന്നത് ഇവിടെ അത്തരത്തിലുള്ള ഒരു ത്യാഗത്തെക്കുറിച്ചല്ല അവിടെ ആ ത്യാഗം എന്ന് പറയുന്നത് എന്താണോ മറ്റു പല നിമിത്തങ്ങളെ ആശ്രയിച്ചിട്ടാണ് കാമത്തെ തെളിയിക്കുന്നു ഭയം കൊണ്ട് തിരിക്കുന്നു ഭയം നിലനിൽക്കുമ്പോൾ ഭയം കൊണ്ട് ലജ്ജ കൊണ്ട് എല്ലാം കാമത്തെ തിരിക്കുന്നു ദുഷ്കീർത്തി കൊണ്ട് തിരിക്കുന്നു ഇതിനെല്ലാം ഭയം മറിച്ച് സത്കീർത്തിക്ക് വേണ്ടി തിരിയ്ക്കുന്നു യശസ്സിന് വേണ്ടി തിരിക്കുന്നു വൈറ്റാകുമെന്ന് പറയുന്നത് എന്താണ് ദന്തന്ദ് ആശ്രയിച്ചിട്ടുള്ളതാണ് അവൻ നിഷ്കാമിയായിരിക്കുന്നതുകൊണ്ട് ഭയന്നിട്ടാണ് കാമത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ആ ദോഷത്തെക്കുറിച്ച് ചിന്തിച്ച് ദോഷമുണ്ടാക്കുന്നതാണെന്ന് ഇത് വേണ്ട അങ്ങനെ അവൻ ഉപേക്ഷിക്കുന്നു കാമത്യാഗം കൊണ്ട് ലോകപൂജ യശസ് ഇങ്ങനെ സത്കീർത്തി അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ത്യാഗിയാകും സന്യാസിയാകുന്നു എന്നൊക്കെ പറയും ഇതൊന്നും കൊണ്ട് അവൻ നിഷ്കാമനാകാൻ പറ്റില്ല കാരണം അവൻ ഭയത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു കാമങ്ങൾ അതാണ് അവനെ കാമത്യാഗത്തിനു പ്രേരിപ്പിക്കുന്നത് കാമത്തെ തയ്ച്ചു കഴിഞ്ഞാൽ വലിയ സമ്മാനം കിട്ടും അങ്ങനെയുള്ള കാമന കൊണ്ടാണ് മോക്ഷത്തവരെ കുറിച്ചുള്ള കാമനകൾ ആ കാമനകൾ കൊണ്ടാണ് അവൻ തയ്ക്കുന്നത് ഇവിടെ പറയുന്നു അത് ഇവിടെ പറയുന്നു അഭയപദം വിജ്ഞാനം കൊണ്ട് അഭയപഥത്തെ പ്രാപിച്ചിരിക്കുന്നു അപ്പം ഭയം കൊണ്ട് കാമത്തെ തയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ കാമത്യാകം തന്നെ എന്താണ് ഒരു കാമമാണ് അതിൻ്റെ ലാഭങ്ങൾ നേട്ടങ്ങൾ അതുകൊണ്ടാണ് അത് തിരിക്കുന്നത് അപ്പം അവിടെ എന്താണ് ചിന്തിക്കുന്നു കാമം അത് ദുഃഖത്തെ ഉണ്ടാക്കുന്നു നമ്മൾ വരണ്ടും ദോഷദർശനം അത് ബുദ്ധിയെ നശിപ്പിക്കും ശരീരത്തിനും നശിപ്പിക്കും യശസ്സിനെ നശിപ്പിക്കും അതുകൊണ്ട് തിരികണം അതിൻ്റെയെല്ലാം പ്രേരണ കാമം തന്നെയാണ് കാമത്യാഗത്തിനും പ്രേരിപ്പിക്കുന്ന കാമമാണ് ഇവിടെ അതല്ല ഇവിടെ എന്താണ് പറഞ്ഞത് കാമരഹിതം ശോകരഹിതം ഹർഷരഹിതം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവിടെ അയാൾ നിഷ്കാമനായിത്തീരുന്നു അത് വിജ്ഞാനം കൊണ്ടേ സാധ്യമാണ് വിജ്ഞാനത്തിന് മുമ്പുള്ള ആ സാധനങ്ങൾ നല്ലതാണ് പക്ഷെ അത് പരമമല്ല എന്നാണ് ഇവിടെ പറയുന്നത് വിജ്ഞാനം കൂടാതെ അത് അസാധ്യമാണ് എന്നാണ് അതിന് ഇച്ഛ വിവേകം മനോബലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം ഇതൊന്ന് സ്ഥാതി സ്ഥായിയായിട്ടുള്ള കാര്യങ്ങളാണ് കാമക്രോധാദികൾ എല്ലാം നമ്മൾ ഇതുകൊണ്ട് ജയിക്കാൻ നോക്കിയാൽ അങ്ങനെ വിവേകം കൊണ്ട് ഇച്ഛ കൊണ്ട് പൗരുഷം അതാണ് മനോബലം എന്ന് പറയുന്നത് ഇതാണ് പ്രധാനമായും മൂന്ന് ഒന്ന് പൗരുഷം അത് മനോബലം എന്നുള്ള വിവേകം ശാസ്ത്രത്തിൽ നിന്നും ഗുരുപദേശങ്ങളുടെ ഗണങ്ങൾ ഒക്കെ കൊണ്ടുണ്ടാകുന്ന വിവേകം തുലൈച്ഛ ശുഭേച്ഛ ശുഭകാമനകളൊക്കെ ഉള്ളതുകൊണ്ട് ദൃശ്ചാമനകളെയൊക്കെ ആഗ്രഹം കൊണ്ട് തിരിക്കുന്നു പക്ഷെ ഇതൊന്ന് സ്ഥായി തന്നെ നിൽക്കുന്ന ഇതെല്ലാം ചിത്തധർമ്മങ്ങളാണ് ഈ ചിത്തത്തിന്റെ ധർമ്മമാണ് അത് എന്നെപ്പോഴും അനിച്ച അത് അതിനെ കീഴ്പ്പെടുത്താം ഇച്ഛരായിട്ട് എപ്പോഴും ചിത്രത്തിന് വരാ മനോബലം ചിത്രത്തിന്റെ ഒരു സവിശേഷതയാണ് അതും നഷ്ടപ്പെട്ടു പോകാം ചിത്രത്തിന് വിവേകം അതിനവിവേകം കീഴ്പ്പെടുത്താം അതൊന്നും കൊണ്ട് ഈ കാമരാഗങ്ങളെയൊന്നും പൂർണമായും ഇല്ലാതാക്കാനോ സ്വാധീനമാക്കാനോ കഴിയത്തില്ല അതുകൊണ്ടാണ് ഇവിടെ വിജ്ഞാനത്തെന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ഒരു ശാശ്വതമായ ഉപായമാണെന്ന് ഒരിടത്തും പറയുന്നുമില്ല ഇതൊക്കെ നല്ലതാണ് മാന്യനായിരിക്കാൻ നല്ലതാണ് അതേ ഉള്ളൂ അതിൻ്റെ ഉപയോഗം വിജ്ഞാനം കൊണ്ടേ ഇത് സാധ്യമാകും അതാണ് ഇവിടെ പറയുന്നത് വിജ്ഞാനമില്ലാത്തവൻ എന്നാ പറയുന്നതിന്റെ താല്പര്യം എന്താണ് വിജ്ഞാനമില്ലാത്തവൻ അവൻ എത്ര മാനി ആണെങ്കിലും ശരി മന്യനാണെങ്കിലും ശരി അവൻ അകാമിയല്ല എന്ന് ധരിക്കാൻ വേണ്ടി പറയുകയാണ് അവൻ നിർഭയനല്ല വിരാഗനല്ല അതൊന്നും സാധ്യമല്ല അതുകൊണ്ടാണ് ഈ വിജ്ഞാനത്തെ തന്നെ പ്രാപിക്കണമെന്നൂടെ പറയുന്നു ഇതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ വിജ്ഞാനത്തെ ആർജിക്കാതെ എന്തെല്ലാം സാധനങ്ങളിൽ എത്രമാത്രം മുഴിയാലും ശരി ഒരിക്കലും ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല എന്നോട് പറയും കുറേയൊക്കെ നമുക്ക് മാന്യത ആർജിക്കാൻ പറ്റുമോ അത്രയേ ഉള്ളൂ അതല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അവിദ്യാരഹിതമായിരിക്കുന്ന അഭയമായിരിക്കുന്നതാണ് അതിനുള്ള പ്രതിഷ്ഠയാണ് അതിന് വിജ്ഞാനം മാത്രമേ ഉള്ളൂ പോയൂ ആ വിജ്ഞാനപ്രാപ്തി തന്നെ ഉണ്ടാകണമെന്നാണ് മുക്തി എന്ന് പറയുന്നത് തന്നെ എന്താണ് നമ്മൾ പറയും ജനിക്കാതിരിക്കുക ജനിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീര സ്വീകരിക്കാതിരിക്കുക മാത്രമാണോ അല്ല ശരീര സ്വീകരിക്കാതിരുന്നാൽ മാത്രം പോലെ ചിത്രത്തിന്റെ അനുപത്തി എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടാകാതിരിക്കുക മാത്രമാണ് പിന്നെയോ ഇവിടെ ഈ പറയുന്ന കാമശോക മോഹാദികളൊന്നും ഉണ്ടാകാതിരിക്കും എന്നാല് നാണ പുനർ വീണ്ടും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് പൂർണ്ണത ഈ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു ശരീരം ഉണ്ടാവും ഒരു സ്ഥൂല ശരീരവും ഇല്ലെങ്കിലും സൂക്ഷ്മ ശരീരത്തിൽ തന്നെ തുടരാം അവിടെയും ഈ രാഗാദികളെല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ സ്ഥൂല ശരീരം സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല അപ്പൊ രാഗാദികളില്ലാതാകണം അത് വിജ്ഞാനം കൂടാതെ സാധ്യവുമല്ല വിജ്ഞാനം കൊണ്ട് മാത്രമേ അത് സാധ്യമാകുന്നുള്ളൂ വിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്യുന്നു സർവത്തിൻ്റെയും അജാതി അതാണ് അവൻ സാക്ഷാത്കരിക്കുന്നത് ആ അജാതിയിൽ ശരീരം മാത്രമല്ല എന്തൊക്കെ ഇവിടെ ജനിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടോ അതിൻ്റെ എല്ലാം അജാതിയാണ് അവന് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് അത് മാത്രമേ ഇവിടെ മോക്ഷസാധനമായി സ്വീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമാണ് മോക്ഷം അഭിജ്ഞാനപ്രാപ്തി തന്നെയാണ് മോക്ഷം അതല്ല ഇവിടെ ഒന്നും മോക്ഷമായി സ്വീകരിക്കുന്നില്ല അജാതത്തിൽ പറയുന്നു പുനർനജായതേ പിന്നീട് ജനനം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് എന്റെ നാശവുമില്ല മുൻ തിരിയ ുധ്വാത്തം സത്യാം പൃഥക് അനപ്ന വീതശോകം തധാ കാമയം പദം അശ്നുത്തെ അഭൂത വിനിവാധ്യേ भावं സദൃശേ തവർത്ത വസ്ത്വഭാവം സബുദ്ധൈവസ്സംഗമ നിവർത്തഭൂതേ ദ്വയ അസ്തിവയോ अभूत अभिनिवेशः अविद्या तदा यदा നിവ തസ് അവിദ്യവ്യോമോഹിസ വസ്തുനം യുദ്ധവാൻ തസ് अभूत നിരപേക്ഷം പറയുന്നു ഇത് പിന്നെ ചിത്തത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് വിണി പറയാം ഇപ്പൊ ദോഷകരമായി കണ്ടിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സർവകാര്യങ്ങൾ എന്താണ് കാമ മോഹാദികൾ ഹർഷശോകാദികൾ ഇതൊക്കെയാണ് ഒരു സാധകൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഇതിന് നമ്മളെന്താണ് ചെയ്യുന്നത് കുറേശ്ശെ കുറേശ്ശേ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് തപസ്സുമുണ്ട് വിവേകം കൊണ്ട് മറ്റ് പല ഉപായങ്ങളുമുണ്ട് യോഗം കൊണ്ടോ ഭക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഒരു ജീവനെ ബന്ധിക്കുന്നതായി അവൻ കരുതുന്നു ഈ ദ്വന്ദ്ങ്ങളെ അതിനുവേണ്ടി ചെയ്യുന്ന മറ്റ് ഉപായങ്ങൾ ആത്യന്തികമായി ഫലപ്രദമല്ല എന്നാണ് ഇവിടെ പറയുന്നത് എത്ര കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചാലും ശരി മനസ്സിൽ നേരെ വിപരീതമായി അത്ര ദിവ്യമായ ഭാവങ്ങൾ വളർത്തിയാലും ശരി അതൊന്നും കൊണ്ട് ഇതൊന്നും ഇല്ലാതാകത്തില്ല വിന്തുങ്ങളൊന്നും ഇല്ലാതാകത്തില്ല ആ അതിനേക്ക് ഒരു പരിധിവരെ ശമിപ്പിക്കാൻ പറ്റും പക്ഷെ അതെല്ലാം തലവലിച്ചുള്ളിലേക്ക് പുറത്തേക്ക് പ്രകടമായത് അവസരം വരുമ്പോൾ പ്രകടമാവും തപസ് കൊണ്ടതിന് നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ആ തപസ്സിന്റെ ശക്തിയനുസരിച്ചിത് ഉൾവലിയും പിൻവാങ്ങും പക്ഷെ അത് വീണ്ടും പുറപ്പെടും എന്തുകൊണ്ട് ഇതെല്ലാം മനസ്സിന്റെ ചിത്രത്തിൻ്റെ ഓരോ ഭാവങ്ങളാണ് പ്രതിപക്ഷ ഭാവനകൾ കൊണ്ട് താത്കാലികമായ പരിഹാരമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ് അഭൂത അഭിനിവേശം എന്നൂടെ പറഞ്ഞിരിക്കുന്നത് അഭൂത അഭിനിവേശം എന്താണ് ഒരു ശത്രുവിനെ നമ്മൾ അറിയുമ്പോഴാണ് ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് ശത്രുവിനെ എങ്ങനെ അറിയണം ശത്രുള്ളതായി തോന്നണം ശത്രുള്ളതായി തോന്നിക്കഴിഞ്ഞാൽ ശത്രുവിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ശത്രുവിനെ നിർമാർജ്ജനം ചെയ്യുന്ന ഉള്ള ഉപായങ്ങളെ കുറിച്ച് ആലോചിക്കും പ്രവർത്തിക്കും ആ ശത്രുവിനെ ഇല്ലാതാക്കുന്നതുവരെ ശത്രുവിന്റെ മേൽ വിജയം ആ പ്രവർത്തനം തുടരും പക്ഷെ അവിടെ ഒരു കാര്യം നമ്മുടെ മനസ്സിനെപ്പോഴും കാണുമെന്നാണ് ശത്രുവിനെ കുറിച്ചുള്ള ബോധം എങ്ങനെ ശത്രു ഉണ്ട് ശത്രു എന്റെ മുമ്പിൽ നിലനിൽക്കുന്നു ഇപ്പൊ ശത്രുവിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ബോധമാണ് ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള എല്ലാ പ്രവൃത്തിക്കും കാരണമായിരിക്കും അതിനുള്ള അഭൂത അഭിനിവേശം എന്ന് പറയുന്നു നിങ്ങൾ എന്ത് തപസ് ചെയ്യുമ്പോഴും എന്തൊക്കെ ഭജന ചെയ്യുമ്പോഴും ശത്രുവിനെ കണ്ടുകൊണ്ടാണ് എന്നുവെച്ചാൽ ശത്രുവിന്റെ നിലനിൽപ്പിന് അംഗീകരിച്ചുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നിടത്തോളം കാലം ശത്രുവിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് സാധുവിന്റെ ശത്രുവായിരിക്കുന്ന ഈ വിപരീത ഭാവനകൾ ഇതെല്ലാം നിലനിൽക്കുന്നുവെന്ന് ധരിച്ചുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും നിടത്തോളം കാലം ഇതിനെ പൂർണമായി ഇല്ലാതാക്കാൻ കഴിയത്തില്ല അതിന്റെ സ്ഥൂലമായ ബാഹ്യമായ പ്രകടമായ ഭാവങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും പക്ഷെ അതിന്റെ ബന്ധനത്തിൽ നിന്നും മോചിക്കാൻ പറ്റത്തില്ല മുമ്പിൽ ശത്രുങ്ങനെ കണ്ടില്ലെങ്കിലും ഏത് സമയവും ശത്രു പ്രകടമായി വന്ന് ആക്രമിക്കാം ആക്രമിച്ചാലോ ചിലപ്പോൾ ശത്രു കീഴ്പ്പെട്ട് കൊന്നു വരാം അല്ലെങ്കിൽ തന്നെ കീഴ്പ്പെടുത്തിയെന്ന് വരാം അതെല്ലാം സംഭവിച്ചുകൊണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ എല്ലാവരും പറയും എന്താണ് ഈ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടത്തിൽ നിന്നും അങ്ങോട്ട് മോഹിക്കാൻ കഴിയുന്നില്ല കാമക്രോധാദികളുടെ പൊടിയിൽ നിന്ന് മുക്തമാകാൻ പറ്റുന്നു വിവേകം കൊണ്ട് അതിലൊന്നും മോചിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോ ആ വിവേകത്തിന്റെ കാലത്ത് വിവേകമുള്ള സമയം പക്ഷെ വിവേകം നിലനിൽക്കുന്നുണ്ട് അത് നഷ്ടപ്പെടുന്നു വീണ്ടും ശത്രുവിന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്തുകൊണ്ട് അഭൂത അഭിനിവേശം സർവജീവന്മാരിൽ നിലനിൽക്കുന്നു അത് കാര്യം വളരെ ലളിതമാണെന്താണോ ശത്രു നിലനിൽക്കുന്നു എന്നുള്ള ഈ ബോധം തന്നെ മനുഷ്യൻ ജീവന്മാർ ഭൂതത്തെ കണ്ട് ഭയക്കും പ്രേതത്തെ കണ്ട് ഭയക്കും പിശാചിനെ കണ്ടൊക്കെ ഭയക്കും പക്ഷേ ഭൂതത്തെയോ പ്രേതത്തെയോ പിശാചിനെയൊന്നും കാണണമെന്നില്ല അതിനെ ഭയക്കാം അതിനെ കണ്ടിട്ട് ഭയക്കുന്നവരുമില്ല കാരണം അതിനെ കാണാൻ കിട്ടാറില്ല എന്നാലും ഭയം മാറുന്നു വിശാഖനെ കുറിച്ചുള്ള ഭയം മാറുന്നില്ല വിശാഖനെ കണ്ടിട്ടല്ല ഒരിക്കലും കണ്ടിട്ടില്ല ജീവിതത്തിൽ എന്നാലും ആ ഭയം മാറുന്നു അതിനാണ് അഭൂത അഭിനിവേശവും ഭയത്തിന്റെ നിമിത്തങ്ങളില്ലെങ്കിലും ഭയം മാറുന്നില്ല അപ്പോൾ ആ ഭയത്തിന്റെ നിമിത്തങ്ങളെ വളരെ സൂക്ഷ്മമായി എവിടെയോ മനസ്സിലെവിടെ അത് ഒളിഞ്ഞിരിക്കുകയാണ് എവിടെയാണിത് ഒളിഞ്ഞിരിക്കുന്നത് പറയും അത് വാസനാരൂപത്തിലിരിക്കുന്നു എന്ന് പറയും അല്ലെങ്കിൽ സംസ്കാര രൂപത്തിലിരിക്കുന്നു എന്ന് പറയും അങ്ങനെയൊക്കെ പറയുന്നതിനൊരു താൽപ്പര്യമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ഭാഷയിൽ പറയുന്ന ഒന്നേ ഉള്ളൂ മനസ്സിലാകാമെന്നുള്ള ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉണ്മയെക്കുറിച്ചുള്ള ഒരു ബോധം ഉള്ളൂ അതാണ് വിശാഖിന്റെ ഉണ്മയെ അറിയുന്നു ബാഹ്യമായ നിഷേധിച്ചാലും ശരി അല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പുറമേ പറഞ്ഞാലും ശരി അതിന്റെ ഒരു ഉണ്മയെക്കുറിച്ചുള്ള അതിന്റെ ഒരു നിലനിൽപ്പിനെ ഒരു ബോധം മനസ്സിൽ നിന്ന് മനസ്സിന് പിരിയുന്നുണ്ട് അതിനാണ് സംസ്കാരം വാസന എന്നത് ബോധമാണ് അതിന്റെ ഉണ്മയെ കുറിച്ചുള്ള ബോധം ഇതിനെയാണ് അഭൂത അഭിനിവേശവും വാസ്തവത്തിൽ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ചുള്ള ബോധം അതാണ് ആ ബോധം നിലനിൽക്കുന്നിടത്തോളം കാലം അതിൽ നിന്നുള്ള മോക്ഷം സാധ്യമല്ല അതിനാണ് ഇവിടെ പറയുന്നത് അസതിദ്വയെ ദ്വയ അസ്തിത്വ നിശ്ചയം ഈ അസ്തിത്വ നിശ്ചയം ഈ അസ്തിത്വ നിശ്ചയമാണ് ഈ ശത്രുവിനെ വെളിപ്പെടുത്തി തരുന്നത് പറഞ്ഞല്ലോ ശത്രു ഉണ്ടെന്ന് ആദ്യം ധരിക്കുന്നു അതിന് ശത്രുവിനെ കുറിച്ചുള്ള അസ്തിത്വം നിച്ച് പിന്നെ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നു ആദ്യം ശത്രുവിനെ അംഗീകരിക്കുന്നു പിന്നെ അതിനോട് യുദ്ധം ചെയ്യുന്നു അസുഖത്തിൽ യുദ്ധമെന്ന് പറയുന്നത് ഇതൊരു നിഴൽ യുദ്ധമാണ് ഈ ശത്രുവിനോടുള്ള യുദ്ധം കാമാതി ശത്രുക്കളോടുള്ള യുദ്ധം അതുവരും നിഴലിനോടുള്ള യുദ്ധം നിഴൽ അത് നിസ്സഹായനാണ് അതിന് സ്വയം നനാനില്ല എതിരിട്ട് ഒരു ദോഷമുണ്ടാക്കാൻ ശേഷിയുള്ള അതിനെന്ത് ചെയ്യാൻ പറ്റും നഴിന് മറ്റൊരാൾക്ക് ഉദ്ദേവിക്കാൻ പറ്റും ഇല്ല എന്നാലും അസ്തിവനിശ്ചയമാണ് നിഴൽ എന്നിട്ട് അതിനോട് യുദ്ധം ചെയ്യുന്നു അങ്ങനെല്ലാ സാധനങ്ങളും കാമക്രോധാദികളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനങ്ങളല്ല നിഴൽ യുദ്ധമാണ് എന്നുള്ള പരമാർത്ഥത്തെ ഇവിടെ പറയുക അത്തരം സാധനങ്ങൾ ചെയ്യണ്ടെന്നല്ല പറയുന്നത് കാരണം അസ്തിത്വ നിശ്ചയം ഉണ്ടെങ്കിൽ ചെയ്തേ പറ്റൂ അതല്ലാതെ വേറെ വഴിയില്ല വേറെ ഒരു ഉപായവില്ല പക്ഷെ ഇവിടെ അതല്ല പറയുന്നത് അതിന്റെ ആത്യന്തികമായ വിജയം നിഴലിനോട് യുദ്ധം ചെയ്ത് ആരാ ജയിക്ക അതിനെ നശിപ്പിക്കാൻ കഴിയൂ നശിപ്പിക്കാൻ കഴിയില്ല കാരണം അത് ഉള്ളതല്ല ഉള്ളതാണെങ്കിലും നശിപ്പിക്കാൻ പറ്റും ഇല്ലാത്തതിന് ഉണ്ടെന്ന് കരുതി യുദ്ധം തുടങ്ങിയാൽ അതെവിടെ പോയി അവസാനിക്കും അത് അനന്തമായി തുറന്നുകൊണ്ടേയിരിക്കും കാമക്രോധാദികളുടെ അസ്തിത്വ നിശ്ചയം അതാണ് െ ഒരജ്ഞനെ അതിനെതിരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മൾ ഉപദേശിക്കാറുണ്ട് ഉപദേശം കേൾക്കാറുണ്ട് എന്താണ് കാമത്തെ ജയിക്കണം ക്രോധത്തെ ജയിക്കണം ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അതൊന്നും ഒരു വികാരങ്ങളെയും ജയിക്കുന്നത് ൊണ്ട് സാധ്യമാകാറേ അച്ചല്ലടങ്ങനെയൊക്കെ ഭാവിക്കും ഇതിനെയൊക്കെ ജയിച്ചിരിക്കുന്നു അതൊരിക്കലും സാധ്യമല്ല ഇവിടെ പറയുന്ന അനുസരിച്ച് സാധ്യമാണ് ഇവിടെ ആചാര്യം പറയുന്നതനുസരിച്ച് അത് ജീവനെ വിടാതെ പിടികൂടി ഇരിക്കുകയാണ് അത് തുറന്നുകൊണ്ടേ എന്തുകൊണ്ട് അതിന്റെ അടിസ്ഥാന കാരണം ഈ അഭൂതാഭിനിവേശമാണ് നിങ്ങളതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുപേ മനസ്സിക്കരുതെന്താണ് അതിനെ ഒരു ശത്രുവായി പരിഗണിക്കും പരിഗണിച്ചല്ലേ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ പറ്റും ശത്രുവായി പരിഗണിക്കുമ്പോൾ ആദ്യം അതിന്റെ അസ്തിത്വ നിശ്ചയം വരും അസ്തിത്വ നിശ്ചയത്തെ നിന്നുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധ്യമല്ല എന്നാണ് അതുകൊണ്ടാണ് വളരക്കാനും ഉപദേശിച്ചിട്ടും കേൾക്കുന്നവൻ നന്നാകാത്ത അല്ല ഉപദേശിക്കുന്നവർ നന്നാകാത്ത എന്തുകൊണ്ട് ഉപദേശിക്കുന്നവനും ഉള്ളിലടിക്കുന്ന എന്താണ് ഈ അസ്തിത്വ നിശ്ചയമാണ് കേൾക്കുന്നവന്റെ കാര്യം പറയാനും രണ്ടുപേരും നിങ്ങളെന്താ വ്യത്യാസം ഒരു വ്യത്യാസം ആണ് വരുന്ന അത്ഭുതാഭിനിവേശം എങ്ങനെ അസ്തി ദ്വയെ ദ്വയ അസ്തിത്വ നിശ്ചയം കാമക്രോധാദികളുടെ അഭാവത്തെക്കുറിച്ചുകൂടെ പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ധരിക്കുന്ന തരത്തിലല്ല എന്നാണ് പറയുന്നത് അസ്തിത്വ നിശ്ചയം അഭൂത അഭിനിവേശ അതിന്റെ ശക്തി അതിന്റെ തീവ്രത അത് നിസ്സാരമല്ല തസ്മാത് അവിദ്യാവ്യോമോഹരൂപ ഒരു അവിദ്യാവ്യോമോഹമാണ് എന്നർത്ഥം അവിദ്യാവ്യമോഹം അവിദ്യയിൽ നിന്നുണ്ടായ ഒരു ഭ്രാന്തിയാണ് ആ ഭ്രാന്തിയിൽ നിന്നുള്ള മോചനം കൊണ്ട് കാമക്രോധങ്ങളെ ജയിക്കാൻ സാധ്യമാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഭ്രാന്തി നിലനിൽക്കെ അവിദ്യ ഉണ്ടാക്കിയ ഈ ഭ്രാന്തി നിലനിൽക്ക് ഈ ജാഗ്രത സ്വപ്ന ഭ്രാന്തികൾ നിലനിൽക്ക് അതിൽ ഇവിടെ സർവത്തിനും അസ്തിത്വബോധം ദൃഢമായിരിക്കും എങ്ങനെ ഈ കാമക്രോധാദികളെ മാത്രമായിട്ടില്ലാതാക്കാൻ പറ്റും അതിന് എന്ത് സാധനം കൊണ്ടാണ് സാധ്യമാവുന്നത് സാധ്യമല്ലെന്നും എന്താണ് ജാഗ്രത സ്വപ്ന പ്രതീതി നിലനിൽക്കുന്നത് നമുക്ക് ആ ജാഗ്രത സ്വപ്ന പ്രതീതിയിൽ എന്താണ് ഈ ശരീരം ഉൾപ്പെടെയുള്ള സർവവും നിലനിൽക്കുകയാണ് അതിനുള്ള പറയുന്ന എന്താണ് അവിദ്യ വ്യോമോഹം എന്ന് പറയുന്നത് ഇതെങ്ങനെ നിലനിൽക്കുന്ന സർവം ഉള്ളതായി ഈ പ്രതീതിയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നിങ്ങളുടെ അഭ്യാസം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമോ ഒന്നിനെ സാധ്യപ്രതീതി എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് ഈ ജാഗ്രത പ്രതീതി ശരീരത്തിലാണ് ഈ ശരീരം എന്ന് പറയുന്ന അവിദ്യ വ്യാമോഹമാണോ എന്ന് തിരിച്ചറിയുന്നു അതാണ് ഈ ശരീരം ഈ ശരീരത്തെ ഇല്ലാതാക്കാൻ ഈ ജാഗ്രതകൾ എന്താ ചെയ്യുന്നത് എന്ത് ചെയ്ത ഇതില്ലാതെയാണ് ഇത് നിലനിൽക്കും ആ ശരീരം ഇല്ല എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ശരീരം ഇല്ലാതാകും അതും നിങ്ങളുടെ കാരണം ഭ്രാന്തി നിലനിൽക്കെ അത് സാധ്യമല്ല ഭ്രാന്തി ഇല്ലാതാക്കിയാലോ നിങ്ങൾ സുഷുതിയിലോ സമാധിയിലോ പോയാലോ ശാശ്വത പരിഹാരമാകുന്നില്ല വീടിന്റെ ശരീരം പ്രകടമാകും മരിച്ചാലോ വേറെ പുതിയ ശരീരം വരും അപ്പൊ ഈ അവിദ്യാവ്യോമോഹത്തിൽ നിന്ന് ഈ ശരീരം പോലെയുള്ള സ്ഥൂലമായ വസ്തുക്കളെപ്പോലും ഈ ദൃശ്യങ്ങളൊന്നും ഇല്ലാതാക്കാൻ കഴിയുന്നില്ല വളരെ സ്പഷ്ടമായിരിക്കുന്ന ദൃശ്യം നമ്മുടെ ചുറ്റും കാണുന്ന ഈ പ്രകൃതി ഇല്ലാതാക്കാം ഒന്നിനെ ഇല്ലാതാക്കാൻ കഴിയില്ല കാരണം അത് അവിദ്യ വ്യാമോഹത്തിന്റെ സൃഷ്ടിയാണ് ഇത്ര പോകാൻ മാത്രം സ്ഥൂലമായിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിൽ സൂക്ഷ്മമായി നമുക്കൊരിക്കലും പിടിതരാതിരിക്കുന്ന വികാര വിചാരങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും സാധ്യമല്ലെന്ന ഒരുപായം കൊണ്ടും സാധ്യമല്ല വിവേകം കൊണ്ടേ സാധ്യമാകുമെന്നാണ് പറഞ്ഞു വരുന്നത് വിജ്ഞാനം എന്ന് പറഞ്ഞ വിജ്ഞാനം ഈ അസ്തിത്വ ബുദ്ധി ഈ അസ്തിത്വ ബുദ്ധിയെ നശിപ്പിക്കുന്ന വിജ്ഞാനം കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ അല്ല ഈ അസ്തിത്വ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ഇവയെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമല്ല അതിന്റെ ആത്യന്തികമായ നാശം സംഭവിക്കത്തില്ല പിന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ എന്താണ് ഇതിനെയൊക്കെ കുറച്ചൊന്ന് നിയന്ത്രിക്കാനും ചുവന്ന് പരിധിക്ക് നിർത്താനും വിസ്മരിക്കാനും അതൊക്കെ കഴിയും ഇല്ലാതാക്കാൻ സാധ്യം എന്തുകൊണ്ടിത് ചിത്രത്തിന്റെ സഹജമായ പ്രവൃത്തികളാണ് ചിത്തത്തിന് സദ്ബുദ്ധി കൊണ്ട് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച പ്രതീതിയുടെ ഭാഗമാണ് അതറിഞ്ഞു വേണം ഇതിനെ ഗൗരവൻ ജയിക്കാൻ ശ്രമിക്കേണ്ടത് ആണ് പറയുന്നത് അവിദ്യ വ്യോമോഹരൂപാധി സദൃശേ തനുരൂപേ ചിത്തം പ്രവർത്തത ഇതെല്ലാം ഈ ോഹകാര്യങ്ങളാണ് ഭ്രാന്തിയുടെ സൃഷ്ടിയാണ് ഉള്ളിലിരിക്കുന്ന കാമക്രോധാദികളും പുറമേയിരിക്കുന്ന ദൃശ്യങ്ങൾ രണ്ടും ഒന്നിന്റെ സൃഷ്ടിയാണ് ഒരേ ഒന്നിന്റെ പ്രണാമമാണ് ഒരേ ഭ്രാന്തിയുടെ കാര്യമാണ് അതുകൊണ്ട് അത് ചേർന്ന് പ്രവർത്തിക്കും കാമും വിഷയവുമായി ചേർന്നു പറയുന്നു തദ്നുരൂപേ ചിത്തം പ്രവർത്തനം അപ്പൊ ഈ ചിത്തപ്രവൃത്തിയും ഇത് അനവരതം അനുപരതമായി ഭാഷകാരം പറയുന്നത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇതിനെ എന്തു പായം കൊണ്ടാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ത് തപസ് ചെയ്തിട്ടാണ് എന്ത് വിവേകം കൊണ്ടാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് സാധ്യമല്ലെന്നാണ് ഇല്ലാതായെന്ന് വേണമെങ്കിൽ കേവലം അഭിമാനിക്കുക ഈ വിജ്ഞാനം കൂടാതെ സമാധി ഉൾപ്പെടെയുള്ള ഒരു അഭ്യാസം കൊണ്ട് ഇതില്ലാതാകത്തില്ല എന്നാണ് പറയും എന്തുകൊണ്ടില്ലാതെ ഏത് പറഞ്ഞു എന്താണ് ഇത് അവിദ്യാവ്യോമോഹമാണ് ആ വിദ്യാവ്യോമോഹം നിലനിൽക്കെ ദ്വയ അസ്തിത്വ നിശ്ചയം നിലനിൽക്കെ ഈ ശത്രുവിനെ നശിപ്പിക്കാൻ സാധ്യമല്ല ആ ശത്രുവിനെ നാശമെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ധരിക്കുന്നത് ഇല്ലാതാക്കുക ഇവിടെ ഒന്നിനെയും ഇല്ലാതാക്കാൻ പറ്റുന്നു ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ഇല്ലാതാക്കിയാൽ ഇനി ശരീരം പോലും നശിക്കുന്നു അതിനെ ചുട്ടു ചാമ്പലാക്കിയാൽ അത് മറ്റ് പലതുമായിട്ട് വീണ്ടും പ്രകടമാകും ഒന്നിനെയും നമുക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെങ്ങനെ നശിപ്പിക്കും എന്തിന്റെ നാശമെന്ന് പറയുന്നത് എന്താണ് അസ്തിത്വം നിശ്ചയം ഇല്ലാതിരിക്കാതാണ് അതെയോ ഇത് സത്യമാണ് ഇത് നിലനിൽക്കുന്നതാണെന്നുള്ള ആ ബോധം അതില്ലാതാവുകയാണ് ഇതിന്റെ നാശം അല്ലാതെ ഇതിന് നാശം ഇത് അവിദ്യ വ്യാമോഹം ആണിതെങ്കിൽ അവിദ്യ ആ മോഹത്തിൽ നിന്നുള്ള മുക്തിയാണ് ഇതിന്റെ നാശം അതാണ് ഇവിടുത്തെ ശത്രുവിന്റെ നാശം അതാണ് അടുത്ത് പറയുന്നത് തസ്യദ്വയസ്യവസ്തു അഭാവം യഥാ ബുദ്ധവാൻ ഇത് പരമാർത്ഥത്തിൽ ഉള്ളതല്ല എന്ന് എപ്പോഴാണോ ഒരു അറിയുന്നത് എന്ന് വെച്ചാൽ അവിടെ അറിവിനാണ് പ്രാധാന്യം മറ്റ് യത്നങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല മറ്റ് അഭ്യാസങ്ങളെല്ലാം താത്കാലിക ആപേക്ഷിക്കും തസ്യദ്വയസ്യവസ്തു ഇവിടെ പറഞ്ഞ അവിദ്യാവ്യോമോഹ രൂപത്തിലുള്ള ഈ ദ്വന്ദ് അതിൻ്റെ അഭാവം യഥാ ബുദ്ധവാൻ ആ വിജ്ഞാനം എപ്പോഴാണോ ഇവിനുണ്ടാകുന്നത് അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അജാതിയെ ബോധിക്കുന്നത് തുരിയത്തെ ബോധിക്കുന്നത് എപ്പോഴാണോ സ്മ നിസ്സംഗം നിരപേക്ഷം നിവർത്തതേ അപ്പൊ അതിൽ നിന്നുള്ള നിവൃത്തി എങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിനെ ഇല്ലാതാക്കിയിട്ടില്ല കാരണം ഇല്ലാത്തതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല നശിപ്പിച്ചിട്ടില്ല ഉണ്ടായതിനെല്ലേ നശിപ്പിക്കാൻ പറ്റും അവിടെ എന്താ സംഭവിക്കുന്നത് ആ അസ്തിത്വബുദ്ധി ആ അസ്തിത്വബുദ്ധി ഇല്ലാതാക്കുകയാണ് അതാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അതെങ്ങനെ പറഞ്ഞല്ലോ ആ വിജ്ഞാനത്തെക്കുറിച്ച് വിജ്ഞാനപ്രാപ്തിക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ എന്ന് ചോദിക്കാം ആ വിജ്ഞാനം കൊണ്ട് അതിന് സമാധാനമാണ് വിജ്ഞാനം മാത്രമാണ് അതിന് സമാധാനം എന്നാലും നമുക്ക് മനസ്സിലാക്കാം പറയുന്ന തസ്മം നിസ്സംഗം നിസ്സംഗനായി അതിലൊന്ന് മുക്തനായിത്തീരുന്നു എന്നാണ് നിസ്സംഗതയാണ് അവന്റെ മുക്തി അസംഗതയാണ് അവന്റെ മുക്തി എന്നാണ് ഇതിൽ നിന്നുള്ള മോചനം അവിടെ പിന്നെ അതുണ്ടോ ഇല്ലയോ ചോദിക്കാറുണ്ടോ ജ്ഞാനിയിലും കാമക്രോധാദികളുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ വിടെയാണോ അത്തരമൊരു ചോദ്യത്തിന് യാതൊരു പ്രസക്തി ഇല്ലാത്ത അവിടെയാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് വെളിച്ചത്തിൽ തിരുട്ടിണ്ടത്തെന്ന പോലെയാണ് അവിടെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ല അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് അവിടെ സമാധാനം ഇല്ല ചോദ്യമില്ലാത്തരത്തിനെ സമാധാനമില്ല അതിനുവേണ്ടി പറയുന്നു അവൻ നിസ്സംഗനായി മോചിക്കുന്നു എന്ന് പറയുന്നു ആ നിസംഗതി എന്ന് പറയുന്നത് എന്താണത് അവന്റെ സ്വരൂപം തന്നെ അത് സ്വയം തിരിയൻ തന്നെ അതാണ് ഇതിന്റെ മോചനമെന്ന് പറയുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും വിശേഷിച്ച് ഗുണങ്ങളെ കൊണ്ടുവന്നിട്ടോ എന്തെങ്കിലും ഗുണങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടോ അല്ല മോചിക്കുന്നത് എന്ന് പറയും അവൻ സ്വരൂപസ്ഥിതനായി എന്ന് പറയാം ഒന്നുകൂടെ വ്യക്തമാകുന്നു നിരപേക്ഷം ഇതൊരു വിശദീകരിച്ച കാര്യം പറയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എല്ലാ അഭ്യാസങ്ങളും സാപേക്ഷമാണ് ശരി വിജ്ഞാനത്തെ പ്രാപിക്കണമെന്ന് പറയുന്നു അതും സാപേക്ഷം തന്നെ പക്ഷേ ഈ മോചനം എന്ന് പറയുന്നത് അത് നിരപേക്ഷമാണെന്ന് പറയുന്നു എന്നുവെച്ചാൽ ഈ സാപേക്ഷതകൾ കൊണ്ട് അതിനെ കൈവരിക്കാൻ സാധ്യമല്ല അതിന് നിങ്ങളെന്ത് പേരിട്ട് വിളിച്ചാലും ശരി യോഗമെന്നോ ഭക്തിയെന്നോ ജ്ഞാനമെന്നോ എന്ത് പേരിട്ടോ വിളിക്കുക പക്ഷെ അത് സാപേക്ഷമാണെങ്കിൽ അത് സാധ്യമല്ല എന്നാണ് പറയുക ഈ തത്വബോധം കൂടാതെയുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും സാപേക്ഷമാണ് അത് ആത്യന്തികമായ ഫലത്തിൽ അതെത്തിക്കത്തില്ല താത്കാലികമായ ഉപായങ്ങളായി എന്നുള്ള നിലയ്ക്കാണ് അതിനെ ശാസ്ത്രങ്ങളും മറ്റും അംഗീകരിക്കുന്നത് അത് ആവശ്യമില്ലെന്നല്ല പറയുന്നത് അത് താത്കാലിക ഉപായമാണ് ഒരു തലവേദന വന്നുകഴിഞ്ഞാൽ നമ്മളൊരു പാരസെറ്റമോൾ കഴിക്കുന്നു മാറും അതുപോലെ അതുകൊണ്ട് ആത്യന്തികമായി തലവേദന മറന്ന് വീണ്ടും നാളെ അത്രയേ ഉള്ളൂ ഈ കാമക്രോധാദികളെ ജയിക്കുന്നതിന് വേണ്ടി ഇന്ന് ചെയ്യുന്ന പരിശ്രമങ്ങളല്ല എന്തുപായങ്ങളും ആത്യന്തിക മോചനം സാധ്യമല്ല എന്തുകൊണ്ട് ഇതന്നെ സാപേക്ഷമാണ് ഇത് താത്കാലികമായ ഓരോ ഉപായങ്ങളെ ഇവിടെ പറയുന്നു നിരപേക്ഷമാണ് നിരപേക്ഷം എന്ന് പറയുമ്പോൾ എന്താണ് വിജ്ഞാനമാണ് അതിൻ്റെ അവസാനത്തെ മരുന്ന് ഇവിടെ പറയുന്ന ഈ വിജ്ഞാനം ചെറിയ വിജ്ഞാനം സത് വിനിവർത്തതെ അഭൂത അഭിനിവേശ വിഷയ കൊണ്ട് പറയുന്നു നിങ്ങൾ ഭീകരമായി കാണുന്ന ഈ സംസാരം അത് കേവലം അഭൂത അഭിനിവേശ വിഷയമാണ് കേവലം അതിൽ കൽപ്പിക്കുന്ന ഉണ്മ ഉണ്ട് മാത്രം അതിനു മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന അതിൽ നിന്നുള്ള മോചനത്തിനും അതിൽ കൽപ്പിച്ചിരിക്കുന്ന ആ ഭ്രാന്തി ഉണ്മയുടെ ഭ്രാന്തി അതിൻ്റേതായാൽ മതി വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും കൊണ്ടെന്ന് അതിൽ നിന്നുള്ള മോദജനം അതെന്താണ് നിസ്സംഗം നിരപേക്ഷം അതാണ് അത് സംഭവിക്കുന്നത് നിസ്സംഗമായും നിരപേക്ഷമായും സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കർമ്മം കൊണ്ട് സാധ്യമല്ല യോഗം കൊണ്ട് സാധ്യമല്ല എന്നെന്താ പറയുന്നതാണ് ഇനി എവിടെയെങ്കിലും അത് കർമ്മം കൊണ്ട് സാധ്യമാണ് യോഗം കൊണ്ട് സാധ്യമാണ് ജ്ഞാനം കൊണ്ട് സാധ്യമാണ് ഭക്തി കൊണ്ട് സാധ്യമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ആ ഉപായ വിതായിരിക്കും എന്താണ് നിസ്സംഗ നിരപേക്ഷമായിരിക്കും ആ കർമ്മവും ജ്ഞാനവും യോഗവും ഭക്തിയുമല്ല പേരില് കാര്യമില്ല ആ അവസ്ഥയെക്കുറിച്ചുകൂടെ പറയാം ഇത് എന്തുകൊണ്ടും സാധിക്കുമെന്നും പറയാം ഒന്നുകൊണ്ടും സാധിക്കാത്താണെന്നും പറയാം രണ്ടും പറയാം പരസ്പര വിരുദ്ധമാണെന്നും ആപേക്ഷികമായി നോക്ക് തോന്നുന്നോണ്ട് അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ടുകൂടെ പറഞ്ഞു അത് നിരപേക്ഷമാണ് എല്ലാം അതിനുള്ള ഉപായങ്ങളാണെന്നും പറയാം ഒന്നും അതിനുള്ള ഉപായമാണെന്നും ഒന്നും അതിനുള്ള ഉപായമല്ല അങ്ങനെയും പറയും എന്തുകൊണ്ടിത് നിരപേക്ഷമായ തലമാണ് എന്നും സാപേക്ഷമായ തലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം നമ്മൾ പറയുന്നു അഭൂത അഭിനിവേശ വിഷയം ഈ അഭൂത അഭിനിവേശത്തിൽ നിന്നുള്ള മോചനമാണ് അതിനാണ് ഇവിടെ അജാതി എന്ന് പറയുന്നത് അതാണ് ഇതിൽ നിന്നെല്ലാമുള്ള മോചനം എന്ന് പറയുന്നത് അതിനാധാരമായിരിക്കുന്നത് വിജ്ഞാനമാണ് അതിന് വിജ്ഞാനം എന്നാണ് പറയുന്നത് തിരിയ അവബോധം എന്നാണ് പറയുന്നത് അതുകൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന കാര്യമാണ് ഇവിടെ വിശദീകരിച്ച് പറയുന്നത് ൂതോധി സദൃശേത പ്രവർത്ത വസ്തുഭാവം സബ്ധൈവ്വസമ്യവർത്ത നിവൃത്ത പ്രവൃത്ത നിശ്ചലി തദ്സ് േൃത്ത ഭാവദർശന ചിത്ര ചലനവർജിത ബ്രഹ്മസ്വരൂപേതരസഖനലക്ഷണ സ ഹി യസ്മാചരസമ്യം പരം നിർവിശേഷം അജം അദ്വയം പറയുന്നത് പറഞ്ഞു വരുന്നതെല്ലാം ബുദ്ധന്മാരുടെ കഥ പറയണമെന്ന് ഇവിടെ രണ്ട് തട്ടിലായിട്ടാണ് നിൽക്കുന്നത് ഒന്ന് പാമരന്മാർ മറ്റൊന്ന് ബുദ്ധന്മാർ ബുദ്ധന്മാരുടെ കഥ ആരോടാ പറയുന്നത് ബുദ്ധന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഈ കഥ കേട്ടിട്ട് ഒന്ന് സാധിക്കാൻ പാമരന്മാരോട് പറഞ്ഞാലോ ബധിര കർണവിലാപം എന്ന് പറയും പോലെയാണ് ജകടന്റെ അടുത്ത് പാട്ടുപാടിക്കേപ്പിക്കുന്നതുപോലെയാണ് അതുകൊണ്ടെന്താ പ്രയോജനം അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ബുദ്ധിഭേദം ജനയേത് ബുദ്ധിഭേദം ഉണ്ടാകണ്ട താമരൻ അവന്റെ വിവേക ശൂന്യത കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ തുടരട്ടെ പക്ഷെ പാമരന്മാർ തന്നെ മാറ്റത്തിന് സാധ്യതയുള്ള ചില സ്ഥലങ്ങളുണ്ട് അവിടെയാണിത് പ്രവർത്തിക്കുന്നത് ഈ ബുദ്ധന്മാരുടെ കഥാവരോട് പറയുമ്പോൾ ചിലടത്തത് യേശത്തില്ല ഒട്ടു വേശത്തില്ല അതങ്ങ് വിട്ടയ്ക്കുക അടിക്കുന്ന വഴി പോയില്ലെങ്കിൽ പറഞ്ഞു പോകുന്ന വഴി അടിക്കുക പക്ഷെ ഈ മാറ്റത്തിന്റെ ഒരു ഘട്ടമാണ് എന്നാണ് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം എന്തായാലും വെളിച്ചം കൊണ്ടുവരാതിരുന്നാൽ ഇരുട്ട് മാറത്തില്ലണ് ിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ പക്ഷെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാനൊരു വഴിയുണ്ട് ആ വഴിയിലേക്ക് വരുന്നവർക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത് കൊണ്ടാണ് ചിലടത്ത് പറയുന്നത് എന്താണ് മൂർഖന ഉപദേശിച്ച് നന്നാക്കാൻ ഒക്കത്തുണ്ടോ എന്താ പിന്നെ ഉപദേശം തന്നെ ആവശ്യമില്ലല്ലോ മൂർഖനാണെങ്കിലും അവനും നന്നാകാനുള്ളൊരു സാധ്യത കിടപ്പുണ്ടെങ്കിൽ ഉപദേശം അവിടെ സഫലമാകും അതിനുവേണ്ടിയിട്ടാണ് എന്താണ് ബുദ്ധന്മാരുടെ കാര്യം ഇവിടെ പറയും നീ പറഞ്ഞതെല്ലാം ബുദ്ധന്മാർക്കുള്ളതാണ് എന്നാലും ഇത് അജ്ഞന്മാരോട് പറയുകയാണ് ഈ തത്വത്തെ ഗ്രഹിക്കുന്നതിന് പ്രാപ്തനല്ലാത്തവനോട് പറയുകയാണ് കാരണം ആ പ്രാപ്തി എവിടെയും ആരിലും ഏത് സമയം ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സാധ്യം എന്താണ് സാധന എന്നുള്ളതിൻ്റെ ശരിയായ ബോധമുണ്ടാവും ഇതിനപ്പുറം പറയാൻ ഒരാചാര്യനും കഴിയില്ല എന്തുകൊണ്ട് കാരണം അതിന് വാക്കേടില്ല വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ടല്ലേ ഇത് വെളിപ്പെടുത്താൻ പറ്റും വാക്കുകൾക്ക് പരമാവധി പ്രകാശിപ്പിക്കാമെന്നുള്ളതാണ് ഇവിടെ ആചാര്യൻ നമ്മളോട് വെളിപ്പെടുത്തുന്നത് അത്രയും വലിയ കാര്യം ഇത്രയും നിസ്സാരണായ എനിക്ക് പറ്റുമോ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്താണ് ഇത് ബുദ്ധന്മാരുടെ തത്വമാണെങ്കിലും ഇത് എവിടെ ആർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുമെന്ന് മുൻകൂട്ടി നിഷേധാത്മകമായി ആര് നിശ്ചയിക്കരുത് കാരണം ഇതെവിടെയും സംഭവിക്കാം എന്തുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇത് നിരപേക്ഷമായിട്ടാണ് സംഭവിക്കുന്നത് ഇതൊന്നിനെ അപേക്ഷിക്കത്തില്ല എന്റെ കഴിവോ എന്റെ ബുദ്ധിശക്തിയോ നിന്റെ പാണ്ഡിത്യത്തെയോ നിന്റെ സദ്ഗുണങ്ങളെയോ ഇതിനൊന്നിനെ അപേക്ഷിക്കത്തില്ല ഇതൊന്നും അപേക്ഷിക്കാതെ തന്നെ ഈ ബോധം ഒരുവിന്റെ ഉള്ളിൽ പ്രകാശിക്കാം ഇനി ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ടും പ്രകാശിക്കാം അതുകൊണ്ടാണ് നിരപേക്ഷം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് തുടർന്ന് വിശദീകരിക്കുന്നത് multimass gard arranуд worshipbird